ചോഭോ തഭാവ ൃതി ശ്രുത അഥ മോ മൃദോ അത്ര ബ്രഹ്മസമു പ്രി ഹൃദയസേഹ ഗ്രന്ഥയ അഥ മതി മൃതോഭവധ്യശാസനം ശതംഹൃദയ താസാം മൂർധാനമിസൃതൈകോർധമായൻ അമൃത മേതി വിശന ഉമണേ അംഗുഷ്ടത്ര പുരുഷോദരാത്മാ ജന ഹൃദയ സരീരാത് പ്രവഹയത് മഞ്ചാരിവേശി കാധൈര്യ ുക്രമൃത മൃത്യു പ്രോക്തേലധ്വാദവിധി ബ്രഹ്മ പ്രാ വിരജോ ഭൂമു അന്യോപ്യം <Sanyeo> വിദ്യത്മമേവാ എല്ലാ ശക്തികളും ആ പരമാത്മാവിനെ സ്വകർത്തവ്യങ്ങളിൽ നിരതരായിരിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിയമപൂർവകമായി ദേവന്മാരുൾപ്പെടെ സർവതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സർവത്തിന്റെയും ായിരിക്കുന്ന പരമാത്മാവിനെ ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കണം മറിച്ചാണെങ്കിൽ വീണ്ടും ജന്മങ്ങൾക്ക് കാരണമായി തീരും ഇവിടെ തന്നെ ആ ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അതാണ് അടുത്ത് പറയുന്ന ഭാഷയത്തിൽ അഞ്ചാമത്തെ മന്ത്രത്തിന്റെ ആ മുഖമായിട്ട് യസ്മാ ഇഹ് ആത്മനോ ദർശനം ആദർശം ഉപപത്യേ ന ലോകാതരേഷു ബ്രഹ്മലോകാത്ര സ ച ദുഷ്പ്രാപ ർശൻ ഇവിടെ തന്നെയാണ് ആത്മദർശനം സാധിക്കേണ്ടത് എങ്ങനെയത് സാധിക്കുന്നു കാണുന്ന മുഖം പോലെ സ്പഷ്ടമായിട്ട് സ്വന്തം മുഖത്തെ ഏറ്റവും സ്പഷ്ടമായി കാണാൻ പറ്റിയത് കണ്ണാടിയിലാണ് കണ്ണാടിയിൽ കാണുന്ന മുഖത്തെ പോലെ ആത്മദർശനം ഇവിടെ സ്പഷ്ടമായിരിക്കുന്നു ആദർശ മുഖസ് ഇവ സ്പഷ്ടം സ്പഷ്ടമായിരിക്കുന്നു ഇവിടെ ഈ ശരീരത്തിൽ ഈ ലോകത്തിലിരുന്നോളൂ ആത്മബോധമുണ്ടായാലത് സ്പഷ്ടമായിരിക്കുന്നു എന്നാൽ ലോകാന്തരീക്ഷവും മറ്റു ലോകങ്ങളിലും ജന്മം ഉണ്ടാകാം പക്ഷെ ആ ലോകങ്ങളിലൊന്നും ഇത്രയും സ്പഷ്ടമായി ആത്മദർശനം ഉണ്ടാകത്തില്ല പിന്നെ എവിടെയാണ് ഉണ്ടാകുന്നത് ബ്രഹ്മലോകാത് അന്യത്ര ബ്രഹ്മലോകം ഒഴികെയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്തിലും അത് സ്പഷ്ടമാണ് ഈ ലോകത്തിൽ ആത്മദർശനം സ്പഷ്ടമാണ് അടുത്തത് സ്പഷ്ടമായി അനുഭവപ്പെടുന്നത് ബ്രഹ്മലോകത്തിലാണ് ഇതിനിടയ്ക്കുള്ള മറ്റ് ലോകങ്ങളിലൊന്നും ഈ ആത്മദർശനം സ്പഷ്ടമല്ല പക്ഷെ ബ്രഹ്മലോകമാണെങ്കിലോ ദുഷ്പ്രാപ അത് നേടിയെടുക്കുന്നത് വളരെ പ്രയാസമുള്ളതാണ് ബ്രഹ്മലോകത്തിലും ആത്മദർശനം സ്പഷ്ടമാണെങ്കിലും സ ദുഷ്പ്രാപ അത് നേടിയെടുക്കുന്നത് വളരെ പ്രയാസമുള്ള കഥം അതെങ്ങനെയാണ് ഈ ലോകങ്ങളിൽ ഉണ്ടാകുന്ന ആത്മദർശനത്തിന്റെ പ്രത്യേകത എന്താണ് ഇത്തിച്ചിതേ അതാണ് അടുത്ത് പറയുന്നത് അടുത്ത മന്ത്രം വ്യാഖ്യാനിക്കുന്നതാണ് എങ്ങനെയാണോ ആദർശത്തിൽ പ്രതിബിംബൂതം ആത്മാനം പശ്യതി പ്രതിബിംബിക്കുന്ന തന്നെ കാണുന്നത് ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന തന്നെ എങ്ങനെയാണോ കാണുന്നത് ലോകഹ ജീവികൾ മനുഷ്യർ അത്യന്ത വിവിക്തം വളരെ സ്പഷ്ടമായിട്ട് അത്യന്തം വിവിക്തം എന്ന് പറഞ്ഞാൽ അത്യന്തം സ്പഷ്ടമായി കാണുന്നു കണ്ണാടിയിൽ കാണുന്ന തന്നെ ആ കണ്ണാടിയിൽ സ്പഷ്ടമായി മന്ത്രത്തിൽ പറഞ്ഞ യഥാദർശേ തഥ ആത്മനിഹ ആത്മനി ആത്മാവിൽ എന്ന് പറഞ്ഞാൽ സ്വബുദ്ധവും ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് ബുദ്ധി എന്നാണ് അർത്ഥം അതുപോലെ തന്റെ ബുദ്ധിയിൽ ആദർശവ നിർമ്മലീഭൂതായം വിവിക്തം ആത്മനോ ദർശം ഭവതി ആദർശപത് നിർമ്മലീഭൂതായ കണ്ണാടിയെപ്പോലെ പരിശുദ്ധമായിരിക്കുന്ന ബുദ്ധി സ്വബുദ്ധിയിൽ വിവിക്തം സ്പഷ്ടം ആത്മനോ ദർശനം ഭൂതി ആത്മദർശനം ഉണ്ടാകുന്നു ഒരുവൻ്റെ ബുദ്ധി അത്യധികം പരിശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ വളരെ സ്പഷ്ടമായി ആത്മദർശനം ഉണ്ടാകുന്നു അതാണ് ഈ ലോകത്തിൽ തന്നെ ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ബുദ്ധിയിൽ ആത്മദർശനം സ്പഷ്ടമായി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഇവിടെ തന്നെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞത് യഥാ സ്വപ്നെ അവിവിക്തം ജാഗ്രത് വാസനോത്ഭൂതം ദർശനങ്ങൾ അനുഭവങ്ങൾ അവിക്തം അസ് ജാഗ്രത വേണ്ടത്ര ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സ്വപ്ന അനുഭവങ്ങൾ അസ്പഷ്ടമായി എന്തുകൊണ്ട് സ്വപ്നത്തിലെ അനുഭവങ്ങൾ അസ്പഷ്ടമായിരിക്കുന്നു ജാഗ്രതം ജാഗ്രത് വാസനകളിൽ നിന്നത് ജന്യമാണ് ഉണ്ടായതാണ് ജാഗ്രതത്തിലെ വാസനകളിൽ നിന്നും ഉണ്ടായതാണ് സ്വപ്ന ദർശനം അത് അസ്പഷ്ടമായിരിക്കുന്നു സ്വപ്നത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളും തഥാ പിതൃലോകത്തിലും ജീവൻ ഈ ശരീരം പിതൃലോകത്തിലെത്തിച്ചേർന്നാൽ അത് ശ്രേഷ്ഠമാണെങ്കിലും അവിടെയും ആത്മദർശനം തഥാ അസ്പക്തം സ്പഷ്ടമല്ല അവിക്ത ദർശനം ആത്മനഹ അവിടെയും ആത്മദർശനം അസ്പഷ്ടമാണ് എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിക്കുന്നു കർമ്മഫല വസക്ത അവിടെ ബുദ്ധി കർമ്മഫല അനുഭവത്തിൽ ആസക്തമാണ് പിതൃലോകത്ത് എത്തിച്ചേരുന്നത് തന്നെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് അവിടെ എത്തിയ ജീവന്റെ മനസ്സ് ആസക്തമായിരിക്കും അതിന് മുഴുകിയിരിക്കും അതുകൊണ്ട് തന്നെ ആ മനസ്സ് ബുദ്ധി മലിനമായിരിക്കും മലിനമായതുകൊണ്ട് അവിടെയും സ്പഷ്ടമല്ലാകുന്ന ദർശനം അവിഭക്ത അവയവം ആത്മാ ൃശൃശ്യതേ ഇവ ഗന്ധർവോകെ അവിക്തമേവ ദർശനം ഇനി ഗന്ധർവലോകത്തിലാണെങ്കിലോ മറ്റുള്ള എല്ലാ ലോകങ്ങളെയും ഓരോന്നിനെയും എടുത്തു പറയാതെ പ്രധാനപ്പെട്ട ലോകങ്ങൾ മാത്രം പറയുകയാണ് ഒന്ന് പിതൃലോകം മറ്റൊന്ന് ഗന്ധർവലോകം ഗന്ധർവലോകത്തിലെത്തിയാലോ അവിടെ പറയുന്നു യഥാസു ജലത്തിൽ അവയവം ആത്മരൂപം വ്യക്തമല്ലാത്ത അവയവങ്ങളോടുകൂടിയ സ്വരൂപത്തെ പരിദൃശ്യത കാണുന്നു ജലത്തിലെ പ്രതിബിംബം കണ്ണാടിയിലെ പ്രതിബിംബം പോലെ സ്പഷ്ടമല്ല എന്നാൽ അവിടെയും പ്രതിബിംബമുണ്ട് പക്ഷെ സ്പഷ്ടമല്ല അതാണ് അവിഭക്ത അവയവം ആത്മരൂപം അവയവങ്ങൾ വേർതിരിച്ചറിയാൻ വയ്യാത്ത സ്പഷ്ടമായി അറിയാൻ വയ്യാത്ത സ്വരൂപത്തെശി അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പരിദൃശ്യതൃശി പരിദൃശ്യത കാണുന്നത് പോലെ ഇരിക്കുന്നു അവ്യക്തമായി കാണുന്നത് ജലത്തിൽ അവ്യക്തമായി സ്വപ്രതിബിംബം കാണുന്നത് പോലെ തഥാ ഗന്ധർവലോകത്തിലും അവിക്തമേവ ദർശനം ആത്മനഹ അവിടെയും ആത്മദർശനം അസ്പഷ്ടമാണ് ഇത് പിതൃലോകത്തെയും ഗന്ധർവ്വലോകത്തെയും സ്ഥിതി ഏക ലോകാന്തരീഷി ശാസ്ത്രപ്രാമാണ്യാതപഗമ്യതയും ഇതുപോലെ തന്നെയാണ് ലോകാന്തരങ്ങളിലും മറ്റു ലോകങ്ങളുണ്ടെന്ന് പറയുന്നു അവിടെ ഇതുപോലെ തന്നെയാണ് എല്ലാം പറഞ്ഞില്ല ഈ രണ്ട് പറഞ്ഞതെന്നൊന്നും മനസ്സിലാക്കാം ഗന്ധർവലോകമുണ്ടെന്നും പിതൃലോകമുണ്ടെന്നും അവിടുത്തെ അനുഭവം ഇത്തരത്തിലാണെന്നും എല്ലാം എങ്ങനെ അറിയാം ശാസ്ത്രപ്രാമാണ്യാ വേറെ ഒരു ഉപായവുമില്ല ശാസ്ത്രപ്രാമാണ്യ ശാസ്ത്രം മാത്രമേ പ്രമാണമായിട്ടുള്ളൂ സാധാരണ മനുഷ്യൻ ഇത്തരം ലോകങ്ങളുടെ അസ്തിത്വത്തിലും ഇത്തരം ലോകങ്ങളുടെ അനുഭവത്തിന്റെ കാര്യത്തിലും കേവലം ശാസ്ത്രം മാത്രം പ്രമാണം ശാസ്ത്രപ്രാമാ ശാസ്ത്രം ഇവിടെ വേദം ശ്രുതി ശ്രുതി തന്നെ പ്രമാണം ശ്രുതി പറയുന്നു അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് കരുതുക ശ്രുതിയുടെ പ്രാമാണത്തെ അംഗീകരിക്കുന്നവർ അങ്ങനെ കരുതുന്നു അല്ലാത്തവരതിനെ സ്വീകരിക്കുന്നില്ല ശ്രുതി ശാസ്ത്രം എന്ന് പറയുന്നത് യോഗികളുടെ അനുഭവം യോഗികളുടെ അനുഭവത്തിൽ ഇത്തരം ലോകങ്ങളുണ്ടെന്നും ഈ ലോകങ്ങളിൽ ജീവന്മാരുണ്ടെന്നും അവിടെ അനുഭവങ്ങളുണ്ടോന്നും എല്ലാം സാക്ഷാത്കരിക്കുന്നു ആ യോഗി അനുഭവമാണ് ശാസ്ത്രം ദേഷ്യന്മാരുടെ അനുഭവമാണ് അതിനെ പ്രാമാണികമായി സ്വീകരിക്കുന്ന പക്ഷം ഇതെല്ലാം ഉണ്ട് അല്ലാതെ അതിന് മറ്റ് വ്യക്തികളൊന്നുമില്ല അതാണ് ശാസ്ത്രപ്രാമാണ്യ ശാസ്ത്രപ്രാമാണകൊണ്ട് ശാസ്ത്രം ഇതിനെ പ്രാമാണീകരിക്കുന്നത് കൊണ്ട് ശാസ്ത്രം ഇത് സത്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് അറിയാം ീ ലോകം പോലെ തന്നെ ഗന്ധർവലോകം പിതൃലോകം ഇവിടെയെല്ലാം ജീവന് ജന്മം ഉണ്ടാകുന്നു അവിടെ ഒരിടത്തും ബ്രഹ്മലോകം ഒഴികെ ഒരിടത്തും ആത്മദർശനം സ്പഷ്ടമായി ഉണ്ടാകുന്നില്ല ആതപയോഹോ ഇവ അത്യന്ത വിവിക്തം ബ്രഹ്മലോകിസ്മിൻ അടുത്ത് മന്ത്രത്തിൽ പറയുന്നത് ഇരുട്ടും വെളിച്ചവും പോലെ സ്പഷ്ടമായിട്ട് ഇരടും വെളിച്ചവും എത്രമാത്രം സ്പഷ്ടമായിരിക്കുന്നു അതുപോലെ ഒരു ഉദാഹരണമായി പറയുകയാണ് ഇവ അത്യന്ത വിവിക്തം ഇരുട്ടുപോലെ അല്ലെങ്കിൽ വെളിച്ചം പോലെ ആത്മാവെന്നല്ല പറയുന്നു എങ്ങനെയാണോ സ്പഷ്ടതയ്ക്ക് ദുഷ്ടാന്തം പറയുകയാണ് എങ്ങനെയാണോ ഇരട്ടിനെയും വെളിച്ചത്തെയും നമുക്ക് സ്പഷ്ടമായി തിരിച്ചറിയാൻ കഴിയും അതുപോലെ അത്യന്ത വിവിക്ത അത്യന്തം സ്പഷ്ടമായി ബ്രഹ്മലോകെ എ വയകൃഷ്ണൻ ബ്രഹ്മലോകം എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ ഈ ലോകത്ത് അതാണ് ഛായ ആതപയോഹവും ഇരുട്ടും വിളിച്ചവും പോലെ അല്ല ആത്മാവിനോട് ഇരുട്ടും വിളിച്ചവും പോലെ രണ്ടായി കാണും നല്ലതല്ല പല വ്യാഖ്യാനങ്ങളിലും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പഷ്ടമായി പറയുന്നത് എങ്ങനെയാണോ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഭേദം സ്പഷ്ടമായിരിക്കുന്നത് ഇത് ഇരുട്ടാണ് ഇത് വെളിച്ചമാണ് എന്ന് നമുക്ക് മറ്റൊരാൾ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാതെ അത്യന്തം പ്രത്യക്ഷമായിരിക്കുന്നത് ആ സ്പഷ്ടത ബ്രഹ്മലോകത്തിലെ ആത്മാനുഭവത്തിലുമുണ്ട് അവിടെയും ഇതിനെ സ്പഷ്ടമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്നു എന്നാണ് സുഷ്പ്രാവു പക്ഷെ ആ ബ്രഹ്മലോകമാണെങ്കിലോ ദുഷ്പ്രാപ ദുഃഖേനു പ്രാപ്തം ശക് വളരെ പ്രയാസപ്പെട്ട് എവിടെ എത്താൻ കഴിയുന്നു അത്യന്തവിശിഷ്ടമായ കർമ്മജ്ഞാനം ഉപാസന സമുച്ചയം ഞാനൊന്നിച്ചോ ഉപാസന കർമ്മജ്ഞാനം അത്യന്തവിശിഷ്ടമായിരിക്കുന്ന ജ്ഞാന കർമ്മസമുച്ചയ അനുഷ്ഠാനത്തിലൂടെ വൈദികമായ അതും എന്തെങ്കിലും ജ്ഞാനവും കർമ്മവും അനുഷ്ഠിച്ചാൽ പോലെ വൈദികമായ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ ഈശാവാസിക വംശത്തിനും മറ്റും നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അതിലൂടെ സാധ്യമാണ് പ്രാപിക്കത്തക്കഥാണ് ആ ലോകം അതുകൊണ്ട് അവിടെ പ്രാപിച്ച് ആത്മദർശനം നേടുക എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സ്പഷ്ടമായി ആത്മദർശനം നേടാമെന്നിരിക്കെ എന്തിനുവേണ്ടി ഒരുവൻ വളരെ ആയാസകരമായ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ ബ്രഹ്മലോകത്തിലെത്തി ആത്മാവിനെ സാക്ഷാത്കരിക്കണം അത് അനുസമാനം ശ്രുതി പറയുന്നത് ചില ജീവന്മാര് വളരെ ക്ലിഷ്ടമായ കർമ്മ ഉപാസനകളിലൂടെ അനുഷ്ഠിച്ച് അതെല്ലാം അനുഷ്ഠിച്ച് അവൻ ബ്രഹ്മലോകത്തിലെത്തിച്ചേരും അത് ഈ ലോകത്തെ തന്നെ കാണുന്നുണ്ട് വളരെ സുഖരമായ ആത്മീയ സാധന മാർഗങ്ങളെ മനുഷ്യൻ വളരെ ക്ലിഷ്ടമായ കഠിനമായ സാധനങ്ങൾ അനുഷ്ഠിക്കും എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു രണ്ടിന്റെയും ലക്ഷ്യമൊന്നു തന്നെ അനായാസമായ ആയാസരഹിതമായ മാർഗത്തിലൂടെ അയനുലക്ഷ്യത്തിലെത്തിച്ചേരും വളരെ കഠിനമായ തപശ്ചര്യകളിലൂടെ മനുഷ്യൻ അവിടെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടത് ചെയ്യുന്നു വാസന വൈചിത്രി ജീവന്റെ വാസനയിൽ വരുന്ന വൈചിത്യം കൊണ്ടാണ് എന്നറിയുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കർമ്മവാസന രൂഢമായ കർമ്മവാസനയുള്ളപ്പോൾ ജീവൻ അതിക്ലിഷ്ടമായ സാധനാ മാർഗങ്ങളിലൂടെ ബ്രഹ്മലോകത്തിലും മറ്റും എത്തിച്ചേർന്ന് അവിടെ ഈ ആത്മസാക്ഷാത്കാരത്തെ നേടുന്നു അതും ശ്രുതി തന്നെ പറയുന്നതാണ് അച്ഛമത്തരം വാസന ദാർഢ്യമില്ലാത്തവർ വാസന ബദ്ധരല്ലാത്ത ജീവന്മാർക്ക് ഈ ലോകത്തിൽ തന്നെ സരളമായ രീതിയിൽ ഈ ആത്മദർശനത്തിന് സാധിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് തസ്മാ ആത്മദർശനായ ഇഹ ഏവ എന്ന കർത്തവ്യ അതുകൊണ്ട് ആത്മദർശനത്തിന് വേണ്ടി ഇവിടെ തന്നെ പരിശ്രമിക്കണം ഇഹഏവ ഈ ലോകത്തിൽ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി യം ചെയ്യേണ്ടതാണ് പരിശ്രമിക്കേണ്ടതാണ് എന്നാണ് ഇത്യഭിപ്രായ ശ്രുതിയുടെ വളരെ പ്രയാസപ്പെട്ട് മറു ലോകങ്ങളിലെത്തിയും ഇത് നേടാം പക്ഷെ ആവശ്യമില്ല ഇവിടെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല ഇവിടെ സരളമായി അനായാസമായി ഇത് എന്നാണ് അത് അതിലെ സരളതയും അതിന് വൈഷമ്യവും എല്ലാം ആ ജീവന്റെ അന്ധകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പം അന്ധകരണത്തിലിരിക്കുന്ന കർമ്മവാസനകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് അപ്പം ആ ജീവന്റെ പ്രാരബ്ധമനുസരിച്ച് അതൊരാൾക്ക് സരളമായും ഒരാൾക്ക് കഠിനമായും അനുഭവപ്പെടുന്നു അപ്പം ചിലര് പറയും ഇതെങ്ങനെ സരളമാകും നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇത് വളരെ കഠിനമായ തപശ്ചരിയിലൂടെ നേടാൻ പറ്റൂ എന്ന് പറയുന്നു അത് ശരിയാണ് അത് അത്തരം വാസനകൾ ഉള്ള ജീവന്മാരെ സംബന്ധിച്ച് അത് ശരിയാണ് മറ്റു ജില്ലാ സ്ഥലത്ത് പറയുന്നത് വളരെ അനായാസമാണെന്ന് പറയുന്നു അതിനനുകൂലമായ വാസനയുള്ളവരെ സംബന്ധിച്ച് അതും ശരിയാണ് എന്തായാലും അതിനുവേണ്ടി ക്ലിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ബ്രഹ്മലോകത്തിലെത്തിച്ചേരേണ്ട കാര്യം അതാണ് ഇവിടെ പറയുന്നത് ഇനി ആ മന്ത്രത്തിൽ എപ്രകാരമാണോ ആദർശ കണ്ണാടിയിൽ സ്വപ്രതിബിംബം സ്പഷ്ടമായിരിക്കുന്നത് അതുപോലെ ആത്മനെ സ്വബുദ്ധിയിൽ ആത്മബോധം സ്പഷ്ടമായി അനുഭവപ്പെടുന്നു ബാക്കിയെല്ലാം അവിടെ ചേർത്തോളൂ യഥാസോപ്പനെ എപ്രകാരമാണോ സ്വപ്നത്തിൽ അവ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തഥ അതുപോലെ പിതൃലോകെ പിതൃലോകത്തിലെ ആത്മദർശനവും അസ്പഷ്ടമായിരിക്കുന്നു യഥ എപ്രകാരമാണോ അപ്സ് ജലത്തിൽ പരിദദൃശി പ്രതിബിംബം അസ്പനുഭവപ്പെടുന്നത് അസ്പഷ്ടമായി അനുഭവപ്പെടുന്നത് തഥ അതുപോലെയാണ് ഗന്ധർവലോകെ ഗന്ധർവലോകത്തിലെ ആത്മാനുഭവം ബ്രഹ്മലോകെ ബ്രഹ്മലോകത്തിലാവട്ടെ ഛായ ആതപയോരിവ നിഴലും വെളിച്ചവും പോലെ സ്പഷ്ടമാണ് ആത്മാനുഭവം तथात्मनी तथा ये तथा पितरलोके ब्रह्मलोके ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനവും മലയാളത്തിൽ മിക്കവാറും തെറ്റിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പല വ്യാഖ്യാനങ്ങളിലും അതായത് നേടും വെളിച്ചവും പോലെ ആത്മാവിനെ ബ്രഹ്മലോകത്തിൽ അറിയാം എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുന്നു കഥം അസു ബോധവ്യം അസു കഥം ഈ ലോകത്തിൽ അറിയണമെന്ന് പറഞ്ഞു ഈ ലോകത്തിൽ എങ്ങനെയാണതറിയുന്നത് അസു കഥം ബോധവ്യം ഈ ലോകത്തിൽ അതിനെങ്ങനെ അറിയാൻ കഴിയും തദവബോധേ പ്രയോജനം തദ്വബോധെ അതിനെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് പ്രയോജനം എന്താണ് പ്രയോജനം അതിനുവേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം പറയുന്നത് ഇന്ദ്രിയം ശ്രോത്രാദീന സ്വസ്വയഗ്രഹണപ്രയോജന സ്വകാരണേഭ്യ ആകാശാദിഭ്യ പൃഥക് ഉത്പയമാന അന്തളാ ചിന്മാത്രമസ്വരു एव സ്വഭാവവിലക്ഷണാത്മകത തായാണുയാതമയയൗ च പ്രളയൗ ജഗ്രസ്വാപാവസ്ഥേക്ഷയാ അമന മാത്മന धीरो धीमान न നോചതി നിത്യേകസ്വഭാവത്തെ മന്ത്രത്തിൽ ഇന്ദ്രിയങ്ങളുടെ പ്രതഗ്ഭാവം എന്താണ് അതാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത് സ്വവിഷയഗ്രഹണ പ്രയോജനേന ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം എന്താണ് സ്വ സ്വവിഷയഗ്രഹണം അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ ഗ്രഹിക്കുക കണ്ണ് രൂപത്തെ ഗ്രഹിക്കുന്നു നിറത്ത ഗ്രഹിക്കുന്നു ശ്രോത്രം ശബ്ദത്ത ഗ്രഹിക്കുന്നു ഖാണം ഗന്ധത്ത ഗ്രഹിക്കുന്നു സ്പർശത്ത് ഗ്രഹിക്കുന്നു ഇങ്ങനെ ഓരോന്ന് ഓരോ ഇന്ദ്രിയങ്ങളുടെയും സ്വസ്വ വിഷയഗ്രഹണം അതാണ് അതിന്റെ പ്രയോജനം അതാത് വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി സ്വകാരണേഭ്യ ആകാശാദിഭ്യം അതാത് കാരണങ്ങൾ അതാതിന്റെ കാരണം ആകാശാദികൾ ആകാശ അംശത്തിൽ നിന്ന് ശ്രോത്രേന്ദ്രിയം വായവീയമായ അംശത്തിൽ നിന്നും തുകേന്ദ്രിയം ജലീയമായ അംശത്തിൽ നിന്ന് രസനേന്ദ്രിയം പാർത്ഥിവാംശത്തിൽ നിന്ന് ഘ്രാണേന്ദ്രിയം തൈജസാംശത്തിൽ നിന്ന് നേത്രേന്ദ്രിയം ഇങ്ങനെ അതാത് കാരണങ്ങളിൽ നിന്നും ആകാശാദി പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ പൃഥക് ഉത്പദിയമാനാനാണ് വെവ്വേറെ ഉണ്ടാകുന്നു വെവ്വേറെ സ്വഭാവങ്ങളോടുകൂടി ഉണ്ടാകുന്നു ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേകം പ്രത്യേകം ജോലികളാണ് അങ്ങനെ വെവ്വേറെ സ്വഭാവത്തോടു കൂടി ഉണ്ടാകുന്ന ഈ ഇന്ദ്രിയങ്ങൾക്ക് പൃഥക്ഭാവം എന്നാണ് അതാണ് ഇന്ദ്രിയാണ് പൃഥക്ഭാവം ഇങ്ങനെയുള്ള ഇതല്ല ഇന്ദ്രിയങ്ങളെ വ്യാഖ്യാനിച്ചതാണ് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം എന്താണ് ആ പൃഥക്ഭാവം കേന്മാത്ര ആത്മസ്വരൂപാത്യന്ത വിശുദ്ധമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് അത്യന്തം വിശുദ്ധമായിരിക്കുന്ന കേവലമായിരിക്കുന്ന ഏകമായിരിക്കുന്ന ചിന്മാത്രമായിരിക്കുന്ന ആത്മസ്വരൂപാത് സ്വസ്വരൂപത്തിൽ നിന്നും മൃദഗ്ഭാവം ഇതെല്ലാം പറയുന്നത് തന്നെ കുറിച്ചാണ് ജീവനെ കുറിച്ചാണ് ഈ പറയുന്നത് ശ്രോതാവിനെ കുറിച്ചാണ് പറയുന്നത് കേവലനായിരിക്കുന്ന ഏകനായിരിക്കുന്ന ചിന്മാത്രനായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അറിവായിരിക്കുന്ന ആത്മസ്വരൂപ സ്വസ്വരൂപത്തിൽ നിന്നും നൽകി പൃഥഗ്ഭാവം ഇന്ദ്രിയങ്ങളുടെ പൃഥഗ്ഭാവം ഇന്ദ്രിയങ്ങളുടെ വേറിട്ടുള്ള ഭാവം അത് സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ആത്മസ്വരൂപം സ്വസ്വരൂപത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ വേർതിരിച്ചറിയണം ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് ഇത് പറയുന്നത് ആത്മ മനനത്തിന് വേണ്ടി പറയുകയാണ് ആത്മാവിനെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വിഷയമായി ഒരു വസ്തുവായി ചിന്തിക്കുന്നവനു നിന്നും അന്യമായി ചിന്തിക്കും കാരണം മനസ്സിന്റെ ബുദ്ധിയുടെ എല്ലാം വിശേഷത എന്താണ് അതിന് വിഷയങ്ങളെ ഗ്രഹിക്കാൻ സാമർഥ്യമാണ് അതിന്റെ സൃഷ്ടി തന്നെ വിഷയോന്മുഖമായിട്ടാണ് നേരത്തെ പറഞ്ഞത് പരാഞ്ചി ഖാനിണത് ഇന്ദ്രിയങ്ങളെയെല്ലാം പരാ ബാഹ്യങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ബാഹ്യമായി ആത്മബഹിർഭൂതമായിട്ട് ആത്മാവിൽ നിന്നും അന്യമായിട്ട് അതിനെ അറിയാൻ കഴിയത്തുള്ളൂ അതിനുള്ള വാസനയാണ് അന്ധകരണത്തിലുള്ളത് ആ വാസനയെ ആലംഭമാക്കിയാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം കാരണം ഇവിടെ ഇത് എന്താണ് മനനോപയോഗിയാണ് മനനത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരു വസ്തുവായി ഒരു വിഷയമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല ഒരിക്കലും അത് നമ്മൾ വിസ്മരിച്ചു നമ്മളൊരു കാര്യത്തെ കേട്ട് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ബേർമുഖമാകുകയും ആത്മാവിനെയും വസ്തുവായി വിഷയമായി ഗ്രഹിക്കുകയും ചെയ്യും അതാണ് മനസ്സിന്റെ സ്വഭാവം അതാണ് ഇവിടെ പറയുന്നത് സ്വസ്വ വിഷയഗ്രഹണം പ്രയോജനം അതാത് വിഷയഗ്രഹണം ആണ് ഇവയുടെ എല്ലാം പ്രയോജനം എന്നാൽ മനസ്സ് ബഹിർമുഖമാകും ഇതിന്റെ ഉദ്ദേശം എന്താണ് മനനത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് മനസ്സിനെ അന്തർമുഖമാക്കുകയാണ് പക്ഷേ മനനത്തിനും മനസ്സ് ബഹിർമുഖമായി ആത്മവസ്തുവിനെയും വിഷയമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇതിനാണ് മായ എന്ന് പറയുന്നത് അപ്പൊ അത് നിന്നും മനസ്സിനെ അന്തർമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേവല ചിന്മാത്ര ആത്മസ്വരൂപ കേവലമായിരിക്കുന്ന ഏകമായിരിക്കുന്ന ചിന്മാത്രമായിരിക്കുന്ന അറിവായിരിക്കുന്ന സ്വസ്വരൂപം അപ്പൊ മനസ്സിനെ ഒരിക്കലും ബേർമുഖമാക്കി ആത്മാവിനെ വിഷയരൂപത്തിൽ ഗ്രഹിക്കാൻ പാടില്ല അതൊരിക്കലും വിഷയമല്ല അതെന്താണ് ആത്മസ്വരൂപം അത് സ്വസ്വരൂപമാണ് മനനം ചെയ്യുന്നവന്റെ സ്വരൂപമാണ് ശ്രോതാവിന്റെ സ്വരൂപമാണ് വക്താവിന്റെ സ്വരൂപമാണ് ആത്മാവ് അത് വിഷയമല്ല മറിച്ച് എന്താണ് അതിന്റെ പൃഥക്ഭാവം അത് ഗ്രഹിക്കണം മനസ്സുകൊണ്ടറിയുന്ന വസ്തുക്കളിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നുള്ള പൃഥക്ഭാവം ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നുള്ള പൃഥക്ഭാവം എന്താണ് അതിന്റെ സ്വരൂപ സ്ഥിതിയാണ് അന്തർമുഖമായ അവസ്ഥയാണ് അത് അതിന് മാത്രം ഉള്ള പ്രത്യേകതയാണ് അതാണ് സ്വഭാവവിലാത്മകത സ്വഭാവവില മറ്റൊരു വസ്തുക്കൾക്കുമില്ലാത്ത അതാണ് വിലക്ഷണം വിശേഷമായ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്നും വിരുദ്ധമായ ലക്ഷണം സ്വരൂപം സ്വഭാവത്തോടു കൂടിയതാണ് അതുകൊണ്ടൊരിക്കലും അതിനെ ആത്മാവിനെ ബഹിർമുഖമായി മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല വിഷയരൂപത്തിൽ അതിനെ ഗ്രഹിക്കാൻ പാടില്ല മനസ്സിന്റെ വിഷയമല്ല അത് മറിച്ചതിന്റെ സ്വരൂപമാണ് മനസ്സിന്റെയും സ്വരൂപമാണ് ശ്രോതാവിന്റെ സ്വരൂപമാണ് ആത്മസ്വരൂപത പൃഥക്ഭാവം സ്വഭാവവിലാത്മകത ഇതെല്ലാം ആത്മവസ്തുവിനെ ആത്മനിഷ്ഠമായി തന്നെ സ്വനിഷ്ഠമായി തന്നെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് ഒരിക്കലും അതൊരു വിഷയമാകരുത് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാഅ അനാത്മാവ് രണ്ട് വസ്തുക്കളെ അന്യമായ രണ്ട് വസ്തുക്കളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള പൃഥക്ഭാവം മറിച്ച് എന്താണ് അത് സ്വസ്വരൂപമാണ് അതാണ് എന്റെ പൃഥക്ഭാവം അതിനെ സാക്ഷാത്കരിക്കണം തഥാ തേഷാമേ ഇന്ദ്രിയാണാം ഉദയാസ്തമയവും അത് സാക്ഷാത്കരിക്കുമ്പോൾ സ്വസ്വരൂപമായി താൻ ചിന്തിക്കുന്നത് മനനം ചെയ്യുന്നത് തന്നെ തന്നെയാണ് തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചാണ് യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് അതിന്റെ പൃഥക്ഭാവം മറ്റ് സർവവസ്തുക്കളിൽ നിന്നുള്ള പൃഥക്ഭാവം സ്വഭാവവില സ്വരൂപനിഷ്ഠ അത് മനസ്സിലാക്കുമ്പോൾ തേഷാമേവ ഇന്ദ്രിയാണാം ഉദയാസ്തമയവും അപ്പോ മനസ്സിലാവും എന്താണ് ഈന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങൾ ഈന്ദ്രിയങ്ങളുടെ ഉത്പത്തിയും സ്ഥിതിയും നാശവും തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകും ഉത്പത്തിപ്രളയവും അതിന്റെ ഉത്പത്തിപ്രളയങ്ങളെല്ലാം അപ്പോ മനസ്സിലാകുന്നു അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ ഉത്പത്തി ഇന്ദ്രിയ ആണാം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല ഇന്ദ്രിയങ്ങളും അന്ധകരണവും എല്ലാം ചിന്ത മനനം എന്ന് പറയുന്നത് എന്താണ് അതും ഈ അന്ധകരണത്തിന്റെ ഉത്പത്തി പ്രളയങ്ങളാണ് മനനം എന്ന് പറയുന്നത് അന്ധകരണം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനനം ചിന്ത എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഈ ഉത്പത്തി പ്രളയങ്ങൾ മനനം പോലും എന്താണ് അത് നിന്നുള്ള പൃഥക്ഭാവം അതിൽ നിന്നുമുള്ള പൃഥക്ഭാവം അതാണ് ആത്മസ്വരൂപം അതിൽ നിന്നും ഉള്ള വേറിട്ട ഭാവമാണ് ആത്മസ്വരൂപം ജാഗ്രത് സ്വാഭാവസ്ഥ അപേക്ഷ ഇതെല്ലാം എന്താണ് ജാഗ്രത് സ്വപ്ന അവസ്ഥകളെ അപേക്ഷിച്ച് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ന ആത്മനഹ ഇതൊന്നും ആത്മാവിന്റേതല്ല അല്ലെങ്കിൽ അനാത്മനഹ ഇതെല്ലാം അനാത്മാക്കളുടേതാണ് ഈ ഭാവങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിന്റെ മനനം ഇതെല്ലാം അനാത്മാക്കളുടേതാണ് ഇതിൽ നിന്നും പൃഥക് ആയ വ്യതിരിക്തമായ സ്വഭാവത്തോടുകൂടിയതാണ് ആത്മാവ് അതാണ് തന്റെ സ്വരൂപം ഇതിമത്വ ജ്ഞാത്വ അതാണ് സാക്ഷാത്കാരം ഇതിന് വിവേകത വിവേകം കൊണ്ട് അതിസൂക്ഷ്മമായ സ്വബുദ്ധി കൊണ്ട് ധീരഹീമാൻ അത്തരം വിവേകമുള്ളവൻ നശോചതി ഈന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങളിൽ അല്ലെങ്കിൽ അന്ധക്കരണത്തിന്റെ ഉത്പത്തി പ്രളയങ്ങളിൽ അവൻ അവൻ ശോചിക്കുന്നില്ല അതാണ് ആത്മനിഷ്ഠ എങ്ങനെ ആത്മന നിത്യേകസ്വഭാവസ്യ ആത്മാവ് സദാ ഏകസ്വഭാവത്തിലിരിക്കുന്നു അതിൽ ഉദയാസ്തമയങ്ങളില്ല അവിടെ മനസ്സിന്റെ മനനം അവിടെ നടക്കുന്നില്ല മനസ്സവിടെ വിഷയമായി അതിനെ ഗ്രഹിക്കുന്നില്ല ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല നിത്യേകസ്വഭാവസ്യ അമ്യഭികാര മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ശോക കാരണത്വം അനുഭവത്തി മനസ്സ് പ്രവർത്തിക്കുന്നിടത്തേ ശോകമാണ് മനസ്സ് പ്രവർത്തിക്കുന്നില്ല തന്നില്ല അതുകൊണ്ട് അവിടെ ശോകത്തിന് സ്ഥാനമില്ല ശോകത്തിന് കാരണമില്ല ആ കാരണത്തിന് യുക്തിയില്ല ശോകമുണ്ടാകുന്നതിന് അതുകൊണ്ട് അവിടെ ശോകം സംഭവിക്കത്തില്ല ശോകം സംഭവിക്കുന്നവടെ മനസ്സ് ഉദയ അസ്തമയങ്ങളുള്ള മനസ്സിലാണ് ശോകം സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ മനസ്സിന് സാക്ഷിയായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ശോകമോഹങ്ങളില്ല ഇത് വിവേകമാണ് ഇതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവൻ ദുഃ അങ്ങനെയുള്ള സാക്ഷാത്കാരമുള്ള വിവേകി ദുഃഖിക്കുന്നില്ല എന്ന ചോദ്യത്തെ തഥാത് ശ്രുത്യന്തരം ഇക്കാര്യം തന്നെ മറ്റു ശ്രുതിയിലും പറയുന്നുണ്ട് ഛാന്തോകൃത്തിൽ തരതി ശോകം ആത്മവ്യക്തി ആത്മാവിന്റെ ഈ പൃഥക്ഭാവം വില ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നുമുള്ള ഈ വേറിട്ട ഭാവത്തെ സാക്ഷാത്കരിക്കുന്നവൻ അവൻ അവൻ നശോചത്തി ശോകം തരത്തി അവൻ ശോകത്ത് മറികടക്കുന്നു എന്ന് ശ്രുതിയിലും പറയുന്നുണ്ട് ഇത് സൂക്ഷ്മമായ ആത്മനിഷ്ഠമായ ബഹിർമുഖമല്ലാത്ത മനനത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ട കാര്യമായിട്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത് അങ്ങനെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പൃഥക് ഇന്ദ്രിയങ്ങളുടെ മനസിന്റെ ഉത്പത്തി പ്രളയങ്ങളിൽ നിന്നും ഉയരിട്ടിരിക്കുന്ന സ്വസ്വരൂപത്തെ മത്വ അനുസന്ധാനം ചെയ്തിട്ട് അതിന്റെ ആ ധീരൻ വിവേകി ദുഃഖത്തെ അതിജീവിക്കുന്നു ദുഃഖത്തെ അതിജീവിക്കാൻ വരവ് ഒരു ഉപായവും ഇല്ല വിവേകമല്ലാതെ മറ്റൊരു ഏത് സാധനമാർഗത്തിലൂടെ അതിനനുസരിച്ച് വിവേകത്തെ ആർജിക്കുക ഈ പറയുന്നു എന്ന് പറയുന്നത് വിവേകി ഈ വിവേകമല്ലാതെ ഈ വിവേകം പ്രാപ്തമാകാതെ ദുഃഖത്തിൽ നിന്നും മോചനമില്ല അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം കൊണ്ടേ മോശമുള്ളൂ എന്ന് പറയുന്നു ഏത് സാധനാ മാർഗത്തിലൂടെ ആയാലും ശരി എന്തെല്ലാം ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിൽ ഒരാളെത്തിച്ചേർന്നാലും ശരി അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ എന്റെ ജ്ഞാന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് മറ്റു ലോകങ്ങളെ പ്രാപിച്ചാലും ശരി ഈ പറയുന്നതായ ധൈര്യം വിവേകം അത് മാത്രമേ ഗുരുവനെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കത്തുള്ളൂ അതുമാത്രമേ വാസ്തവത്തിലുള്ള മുക്തിയാകുന്നുള്ളൂ മുക്തി എന്ന് പറയുമ്പോൾ മോചനം എന്തിൽ നിന്നുള്ള മോചനം ദുഃഖത്തിൽ നിന്നുള്ള മോചനം ദുഃഖത്തിൽ നിന്നുള്ള മോചനം വിവേകം കൊണ്ടേ സാധ്യമാകും അല്ലാതെയുള്ള മുക്തികളൊന്നും തന്നെ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ ഒരാൾ മുക്തനായി തീർന്നാലോ എത്ര കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് അയാൾ മുക്തനായി എന്ന് കരുതിയാലും ആത്യന്തികമായ വിവേകം ഈ ആത്മാവിന്റെ പൃഥഗ്ഭാവത്തിന്റെ സാക്ഷാത്കാരം അതുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ശോകത്തെ ജയിക്കാൻ കഴിയൂ ആ ശോകത്തെ ജയിക്കുന്നതാണ് പൂർണ്ണമായ മുക്തി അത് ഇവിടെ ശ്രുതി സ്പഷ്ടമായി പറയുകയാണ് ഇന്ദ്രിയാണാം പൃഥഗ്ഭാവം ങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള വേറിട്ട സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ട ആത്മാവിന്റെ ഉദയ അസ്തമയോച്ച ഉദയ അസ്തമയങ്ങളും അത് നേരിട്ട് പറയാതെ അല്പം വളച്ച പറയുന്നു കാരണം വളഞ്ഞാണ് നമ്മുടെ അനുഭവം ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം എന്നാണ് ശ്രുതി പറയുന്നത് ഉദയാസ്തമയങ്ങളും അറിയണമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സ്ഥിതി അതിന്റെ ഉദയാസ്തമയങ്ങളെല്ലാം ആത്മാവിന്റേതായി ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവയിൽ നിന്നും വേറിട്ട് ആത്മാവിനെ അറിയണം അതിൽ നിന്ന് വേറിട്ടറിയണമെന്ന് പറഞ്ഞാൽ ഈ ഉദയാസ്തമയങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളുടേതാണെന്ന് അറിയണം അതാണ് ഇന്ദ്രിയ ആണഗ്ഭാവം തിരിച്ചു പറഞ്ഞത് ഇന്ദ്രിയങ്ങളുടെ പൃഥക് ഭാവവും ഉദയാസമയങ്ങളും എന്ന് പറയാൻ കാരണം അതാണ് പൃഥക് ഉത്പദ്യമാനാന ഇന്ദ്രിയാണ് എന്ന് അന്വേഷിക്കുന്നുവേറെ സൃഷ്ടിക്കപ്പെടുന്നതായ ഇന്ദ്രിയങ്ങളുടെ അവയുടെ വേറിട്ടുള്ള സ്ഥിതിയെയും അല്ലെങ്കിൽ അവയിൽ നിന്നും വേറിട്ടുള്ള ആത്മാവിന്റെ സ്ഥിതിയെയും ഉദയസ്തമയവും അവയുടെ ഉത്പത്തി പ്രളയങ്ങളെയും മനനം ചെയ്ത് സാക്ഷാത്കരിച്ചിട്ട് ഇത് മനനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ട വെറും കേൾവിയിലൂടെ ഇത് സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല മനസ്സിൽ ശരിയായി ധരിക്കത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകം മത്വ ഇത് മനനം ചെയ്ത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് മനനം ചെയ്ത് സ്വരൂപമായി ഇതിനെ സാക്ഷാത്കരിക്കണം ധീരോ അങ്ങനെ സാക്ഷാത്കരിക്കുന്നവൻ വിവേകി നശോചതി അവന് ദുഃഖമില്ല അവൻ മുക്തനായിത്തീരുന്നു ദുഃഖിക്കുന്നില്ല യസ്മാത്മന ഇന്ദ്രിയാണാം പൃഥക്ഭാവോക്തോ വീണ്ടും അത് പറയുകയാണ് യുസ്മാത്മനഹ ഇന്ദ്രിയാണഗ്ഭാവം ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ടാണ് ആത്മാവ് പറയുമ്പോൾ ആത്മാവിൽ നിന്നും വേറിട്ടാണ് ഇന്ദ്രിയങ്ങൾ എന്ന് സ്പഷ്ടമാകും ആത്മനഹ ഇന്ദ്രിയാണാം പൃഥക്ഭാവം ആത്മാവിൽ നിന്നും ഉള്ള ഇന്ദ്രിയങ്ങളുടെ ആ പൃഥക്ഭാവം വേറിട്ട നില ആത്മാവിനോടൊരു സ്ഥിതി ചെയ്യുന്നത് അതാണ് പൃഥക്ഭാവം എന്ന് പറയും പക്ഷെ ആത്മാവിനോട് ബന്ധപ്പെട്ടാണ് ജീവന്റെ അനുഭവം സാധാരണ രീതി അജ്ഞാനം കൊണ്ട് പക്ഷെ അത് പൂർണ്ണമായും വേറിട്ടതാണ് മുക്തഹ അതാണ് പറഞ്ഞത് നാസു ബഹിർ അധിക ഈ പറയുന്ന ഈ പൃഥക്ഭാവം വേർതിരിവ് ഒരിക്കലും ബഹിർ അധിക ബഹിർമുഖമായി ബാഹ്യമായി ഇതിനെ ധരിച്ചു ഇതിനെയും ആത്മ അനാത്മ എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളായി ധരിച്ചു കളയു രണ്ട് വസ്തുക്കളെ വിവേചനം ചെയ്ത് ആത്മാവിൽ നിന്നും വേറിട്ട ഒന്നാണ് അനാത്മാവ് അല്ലെങ്കിൽ അനാത്മാക്കളിൽ നിന്നും വേറിട്ട മറ്റൊന്നാണ് ആത്മാവ് എന്നിങ്ങനെ ധരിച്ചു കളയരുത് അദ്വൈതബോധം തന്നിൽ നിന്നും അന്യമായി ധരിച്ചു കളയരുതെന്നർത്ഥം അങ്ങനെ ധരിക്കും അങ്ങനെ പഠിക്കാൻ പോയാല് ആത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോയാല് അങ്ങനെ പഠിക്കാൻ പറ്റും കാരണം വിഷയമായാലേ പഠിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ അധികന്തവ്യ അങ്ങനെ ഇത് മനസ്സിലാക്കരുത് ബേർമുഖമാണ് മനസ്സ് അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ധരിക്കത്തുള്ളൂ രണ്ട് വിഷയങ്ങളായി ആത്മാവിനെയും അനാത്മാവിനേം ധരിക്കും അന്തർമുഖമായി ധരിക്കത്തില്ല അങ്ങനെ ധരിക്കരുത് ഈ സ്മാ എന്തുകൊണ്ട് അങ്ങനെ ധരിക്കാൻ പാടില്ല പറയുന്നു അത് പഠിക്കുന്നവന്റെ പ്രത്യേക ആത്മാവാണ് പ്രത്യേകായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സ്വരൂപമാണ് ആത്മാ ആന്തരികമായ സ്വരൂപമാണ് അവന്റെ തന്നെ ശ്രോതാവിന്റെ തന്നെ ആന്തരികമായ സ്വരൂപമാണ് അത് അതിസൂക്ഷ്മമായ കാര്യമാണ് അവിടെ പറയുന്നത് തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ഒരുവൻ എന്തു ചെയ്യുന്നു ബേർമുഖമായി ആത്മാവെന്നും അനാത്മാവെന്നും വിവേചനം ചെയ്തു പഠിക്കുന്നു അതിനാണ് മായ എന്ന് പറയും ആത്മാഅ അനാത്മവിവേകം അതാണ് മായ എന്തു ചെയ്യുന്നു അവൻ മനസ്സിന് മനസ്സിന്റെ വിഷയമാക്കി ചിന്തയ്ക്ക് വിഷയമായി ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കുന്നു ഇതാണ് മായ അതങ്ങനെ വരരുത് പ്രത്യേകാത്മാ ഇത് സ്വസ്വരൂപമാണ് സർവസ്യ സർവരുടെയും അതുകൊണ്ട് അതൊരു വിഷയമല്ല അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ശ്രമിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കത്തക്ക രീതിയിലല്ല മനസ്സിന്റെ ഘടന അത് ബഹിർമുഖമാണ് അതിലൊരു വൈരുദ്ധ്യം വരും അതിനെയാണ് മായ എന്ന് പറയുന്നത് എന്താണോ ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് അതിനെ മനസ്സിലാക്കി തരുന്നതിനുള്ള പാകമല്ല മനസ്സിനുള്ളത് അതിനെ അതാതിന്റെ രീതിയിൽ അതിന്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തരുന്നതിന് മനസ്സ് സന്നദ്ധമല്ല അതിനെയാണ് മനസ്സിന്റെ മാലിന്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ദോഷം എന്ന് പറയുന്നത് അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു നാ സു ബഹിരാധിക നിങ്ങളിതിനെ മറ്റു വിഷയങ്ങളെപ്പോലെ ആത്മാഅനാത്മവിവേചനം ചെയ്ത് ചാരിതാർത്ഥ്യം അടയരുത് ആത്മാവിനെയും അനാത്മാവിനെയും വേറെ തിരിച്ചറിഞ്ഞു എന്താണ് ആത്മാവ് എന്താണ് അനാത്മാവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊരിക്കലും ധരിക്കരുത് എന്തുകൊണ്ട് യസ്മാ പ്രത്യേകാത്മാ അത് ഇതിന്റെ സ്വരൂപമാണ് അതിനെ വിഷയമാക്കരുത് സ സർവസ്യ സർവരുടെയും അതെങ്ങനെ സ്വരൂപമായിരിക്കുന്നു സ്വരൂപമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വീണ്ടും തത് കഥിച്ചതേ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും മനസ്സിലായില്ല മനസ്സിലാകാൻ വന്നാൽ പിന്നെ എന്തു ചെയ്യേണ്ടി വരും വീണ്ടും പറഞ്ഞതിന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും വേറൊരു രീതി പറയേണ്ടി വരും ഉപദേശത്തെ അനുസന്ധാനം ചെയ്യുന്നവനാണ് ശ്രോതാവ് പക്ഷെ ആ ഉപദേശം ഏകാഗ്രമായി ആത്മനിഷ്ഠമായി അനുസന്ധാനം ചെയ്യുന്നതിന് മനസ്സ് പ്രാപ്തമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഉപദേശിച്ച് തുടങ്ങിയടത്ത് തന്നെ ശ്രോതാവ് നിൽക്ക് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതുകൊണ്ടാണ് പുനരുക്തി ശാസ്ത്രത്തിൽ വരുന്നു വീണ്ടും പറയേണ്ടി വരുന്നു ആദ്യം മൂല ഒന്നേന്ന് പിന്നെ ആദ്യം മൂല തുടങ്ങാം അതാണ് അടുത്ത് പറയുന്നത് സത്വാഹാനാത്മാ മഹതോ അവ്യക്തമുത്തമം മുമ്പ് പറഞ്ഞതാണ് മറ്റു തരത്തിൽ പറയുന്നു അവ്യക്താത്വ പരപുരുഷോ വ്യാപകോ അലിംഗ് മുച്ചതി ജന്തു അമൃതത്വം വീണ്ടും അതിനെ മറ്റൊരു രീതി പറയു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ് ഇന്ദ്രിയം ഇവയ്ക്ക് വിഷയമാണ് സർവജ്ഞേയു അറിയുന്ന സർവം ഇതിന് വിഷയമാണ് ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാലും ഇതിന് വിഷയമായി പോകും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയമായി പോകും ഒരു വസ്തുവിനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതായാലും ശരി എന്താവും അത് വിഷയമാവും അത് അറിവിനെ അറിയാൻ ശ്രമിച്ചാലും ശരി അത് വിഷയമായി പോകും പക്ഷെ ഇതങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും പിന്നിലേക്ക് ഇന്ദ്രിയേഭ്യു പരമനാ ഇന്ദ്രിയേഭ്യുപരം ഇന്ദ്രിയങ്ങൾക്ക് പരമാണ് മനസ്സ് അതിന് വിഷയമല്ല അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആണ് പിന്നിലേക്ക് തിരിയാൻ വേണ്ടി പറയുകയാണ് ഭാഷയത്തിൽ സമാനജാതീയത് ഇന്ദ്രിയഗ്രഹണിന നേരത്തെ പറഞ്ഞപ്പോ ഇന്ദ്രിയ പരോഹ്യർത്ഥ അർത്ഥേന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിരാത്മാ ഈ ക്രമത്തിലാ പറഞ്ഞത് മുമ്പ് കഴിഞ്ഞൊരു മന്ത്രത്തിൽ ഇവിടെ അർത്ഥം എന്ന് പറയുന്നതിനെ വിട്ട് എന്തുകൊണ്ട് അർത്ഥാനാമ്യ ഇന്ദ്രിയ സമാന അർത്ഥം എന്ന് പറയുമ്പോൾ വിഷയം എന്ന് പറയുമ്പോഴും ഇന്ദ്രിയങ്ങളുടെ ജാതിപ്പെടുന്നതാണ് ആ വർഗത്തിൽ അതുകൊണ്ട് അതിനെ പ്രത്യേകം പറഞ്ഞില്ല മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ഇന്ദ്രിയ ഗ്രഹണീയ ഇന്ദ്രിയം എന്ന് പറഞ്ഞത് അർത്ഥങ്ങളെ കൂടി ഗ്രഹിച്ചോണ് അന്യത് പൂർവ്വ ബാക്കിയെല്ലാം മുമ്പ് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മതി ൾക്ക് അപ്പുറമാണ് മനസ്സ് അതിന്റെ വിഷയമല്ല മനസ്സ് സത്വം ഉത്തമം ആ മനസ്സിനേക്കാൾ പിന്നിലാണ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സത്വം ബുദ്ധി അത് മനസ്സിന്റെ വിഷയമല്ല മറിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് മനസ്സിന് യജമാനായിരിക്കുന്നതാണ് ബുദ്ധി സത്വാത് അതി മഹാനാത്മാ ഇത് വഷ്ടിയിലും സമഷ്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സമഷ്ടി ഇന്ദ്രിയങ്ങൾ സമഷ്ടി മനസ്സ് അതിനപ്പുറമുള്ള സമഷ്ടി ബുദ്ധി അതിനപ്പുറമുള്ള സത്വാ സമസ്ത പ്രപഞ്ചത്തിന്റെയും നായകനായിരിക്കുന്ന മഹാനാത്മാ ഹിരണ്യഗർഭൻ സർവത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്നു ഇത് വഷ്ടിയിൽ നിന്നും സമഷ്ടിയിലേക്ക് പറയുന്നതിനുവേണ്ടി കാരണം ഇവിടെ പറയുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു ജീവന്റെ കാര്യങ്ങളാണ് ഒരു ജീവനു സ്ഥിതി ചെയ്യുന്ന കാര്യമാണ് ഇത് ചിന്തിക്കുന്നത് മനനം ചെയ്യുന്ന ജീവനാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നു പക്ഷെ അത് കഴിഞ്ഞ് തന്നെ അടുത്ത് പറയുന്ന ഹിരണ്യ ഗർഭൻ അതൊരു ജീവന്റെ ഭാവമാണ് ജീവൻ വേണ്ടി വന്നാൽ ഒരു ജീവഭാവത്തിലിരിക്കുന്നു അഹംസ്ഫുരണത്തിലൂടെ അനുഭവപ്പെടുന്ന ജീവഭാവത്തിലിരിക്കുന്നതിനാണ് ഇവിടെ മഹാൻ ആത്മാ എന്ന് പറയുന്നത് പക്ഷെ സമഷ്ടിയിലത് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ജീവന്റെ ഈ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് മഹാൻ ആത്മാ എന്ന് പറയുന്ന എന്തിനു വേണ്ടി കാരണം മനനം ചെയ്യുന്നവൻ അവന്റെ മനനം സങ്കുചിതമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയം മനസ്സ് അതൊക്കെ പരിചയമുള്ളതാണ് ബുദ്ധി എന്നെല്ലാം പറയുന്നവന് അഹംസ്ഫിരണം വരെ അവന് സ്പഷ്ടമാണ് ഹം സ്ഫുരണത്തിലേക്ക് വരുമ്പോ അവന്റെ മനസ്സ് സങ്കോചിച്ച് ജീവൻ എന്ന് പറയുന്ന ഭാവത്തിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ പരിച്ഛിന്നമായ ജീവനിലേ അവനെത്താൻ പറ്റും അപ്പോൾ ആ ഭാവം തന്നെ സമഷ്ടിയിൽ സർവ്വ വ്യാപകമായ മഹാൻ ആത്മാവായിരിക്കുന്നു ഹിരണ്ഗർഭാവത്തിലിരിക്കുന്നു അപ്പൊ ആ പരിഛിന്നതെ വിട്ട് അതിന്റെ അപരിച്ഛിന്നതയെ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹിരണ്ഗർഭൻ എന്ന് പറയുന്നത് പരിച്ഛിന്നമായ ജീവഭാവത്തിൽ എത്തി മനസ്സ് നിൽക്കൽ മറച്ച് സർവവ്യാപകമായ അപരിച്ഛിന്നമായ മനസ്സുകൊണ്ട് മനനം ചെയ്യാവുന്നതിന്റെ പരമാവധിയായ ഹിരണ്യഗർഭൻ അത് ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം അതിന്റെ നായകനായിരിക്കുന്നു അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല മഹതവും അംഭ്യക്തം ഉത്തമം ഇതിനെല്ലാം സർവകാരണമായിരിക്കുന്ന അമ്പിക്തം മയാശക്തി അവിദ്യ അതാണ് അതിനും അപ്പുറം അങ്ങോട്ട് ചിന്തിക്കാൻ സാധ്യമല്ല മറിച്ച് ചിന്ത മനസ്സ് അവസാനിക്കുന്നുള്ളത ആണ് അതിനപ്പുറമുള്ള കാര്യങ്ങൾ അമ്പിക്താത്വ പരപുരുഷമാ മനസിന്റെ ചിന്ത പരമാവധി െത്തുന്നത് ശൂന്യതയിലാണ് ശൂന്യത എന്ന് പറയുമ്പോൾ ചിന്ത അവസാനിക്കുന്നടം ചിന്തയ്ക്ക് വിഷയമാക്കാൻ പറ്റാത്ത സ്ഥാ അതിന് അഭ്യക്തം എന്ന് അപ്പുറം അഭ്യക്തത്തിൽ സാക്ഷാത്കാരമില്ല മറിച്ച് ശൂന്യതയോ സുഷുപ്തിയിൽ സാക്ഷാത്കാരങ്ങൾ ഇവിടെ എന്താണ് അതിനപ്പുറമാണ് അവിക്താതു പരപുരുഷ സാക്ഷാത്കാരം ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷപ്തിയിലോ അല്ല മൂന്നു അവസ്ഥകളാണ് അതിനപ്പുറമാണ് പരപുരുഷന്ന് പറയുന്നു അതിനാണ് സ്വസ്വരൂപൻ എന്ന് പറഞ്ഞത് അപ്പം വഷ്ടിബോധത്തിൽ നിന്നും സമഷ്ടിബോധത്തിലേക്ക് ആ മനസ്സിനെ നയിച്ച് അതിനപ്പുറം ഉള്ള ശൂന്യതയ്ക്കും അപ്പുറം പരമപുരുഷനെ ബോധിപ്പിക്കുകയാണ് പരപുരുഷ ഭാഷയത്തിൽ വ്യാപകമെന്ന് പറഞ്ഞാൽ വ്യാപകസ്യ വ്യാകാശാദേഹി സർവസ്യ കാരണത്വമാണ് ആകാശം തുടങ്ങിയ സർവവ്യാപകങ്ങൾക്കും കാരണമായിരിക്കുന്നു അതാണ് പരമാത്മാവ് അതിന് മറ്റൊരു വിശേഷണം അവിടെ മന്ത്രത്തിൽ പറയാണ് അലിംഗ അലിംഗോ ലിംഗ്യത ഗമ്യതം ലിംഗ്യത അതിന്റെ അർത്ഥമാണ് ഗമ്യത അറിയപ്പെടുന്നത് ഏന ഏതുകൊണ്ടാണോ അതിന് ലിംഗം എന്ന് പറയുന്നു അറിവിന് കാരണമായിരിക്കുന്നത് അറിവിന് ഉപകരണമായിരിക്കുന്നതാണ് ലിംഗം അറിയാൻ ഉപകരിക്കുന്നത് എന്താണത് ബുദ്ധിയാതി ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതൊക്കെയാണ് ലിംഗങ്ങൾ എന്ന് പറയുന്നത് അലിംഗ അങ്ങനെയുള്ള യാതൊരു അറിവിന്റെ ഉപകരണങ്ങളും ഇല്ലാത്തത് അവിദ്യമാനം അസ്യ ഏതെന്തിനാണോ ഈ ലിംഗങ്ങൾ ഇല്ലാത്തത് ഇതി സ്വയം അലിംഗ ഇതാണ് അലിംഗം ആ പരമാത്മാവിന് വാസ്തവത്തിൽ അതിനെ അറിയുന്നതിനുള്ള ഉപായങ്ങൾ ഒന്നുമില്ല ഉപാധികളൊന്നും തന്നെ ഇല്ല മറ്റുതരത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഉപായങ്ങളിലൂടെ അറിയപ്പെടേണ്ട ഒന്നല്ല അത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ അറിയപ്പെടേണ്ട ഒന്നല്ല ഈ പരമാത്മാവ് പരമാത്മാവ് അതിന്റെ സാക്ഷാത്കാരം അതിന് രണ്ടിനും മാധ്യമമില്ല ഒരു ലിംഗമില്ല ഒരു അടയാളമില്ല കാരണം അതിനെ അറിയിച്ചു തരുന്നതിനുള്ള അടയാളങ്ങളില്ല മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നതെല്ലാം എന്താണ് വിഷയജ്ഞാനമാണ് ഒന്നുമില്ല പരമാവധി നമ്മൾക്ക് സങ്കല്പിക്കാവുന്ന എന്താണ് യോഗാനുഭവങ്ങൾ അതീന്ദ്രിയാനുഭവങ്ങൾ സമാധി എന്നാണ് പറയുന്നത് ഇതൊന്നും ഈ പരമാത്മാവിന്റെ ലിംഗങ്ങളല്ല ഇതിലൂടെയൊന്നും പരമാത്മാവിനെ അറിയാൻ സാധ്യമല്ല അതാണ് വ്യാപകോ അലിംഗയേ പ്രത്യേക അവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കുന്ന ഒന്നല്ല അവസ്ഥ അതീതനാണ് ഒരവസ്ഥക്കും ഒരവസ്ഥകളും അതിനെ വെളിപ്പെടുത്താൻ പര്യാപ്തമല്ല അവസ്ഥ സർവാസ്ഥാശൂന്യമാണ് അതാണ് സ്വയം അലിംഗയവ വളരെ സൂക്ഷ്മമായ വ്യാപകമായ അർത്ഥമുള്ള ഒരു ശബ്ദമാണ് അലിംഗ എന്ന് പറയുന്നത് സർവസംസാര ധർമ്മ വർജിതഐക്യത എന്തെല്ലാം ചിന്തിക്കാമോ എന്തെല്ലാം ഉപായങ്ങളെ ചിന്തിക്കാമോ അതെല്ലാം സംസാര അന്തർഗതമായി പോകുന്നു സർവ സംസാര ധർമ്മ വർജിതമാണത് യാതൊരു സാംസാരികമായ ധർമ്മങ്ങളും അവിടെ ഇല്ല നമ്മുടെ പരിച്ഛിന്നമായ ബുദ്ധി കൊണ്ട് സങ്കല്പിക്കുന്ന ആ ഒരു സങ്കല്പത്തിന്റെയും പരിമിതിയിൽ ഉൾപ്പെടുന്ന അല്ലാതെ ഇതിന്റെ അത്യന്തസൂക്ഷ്മമായ ഭാവത്തെ അറിഞ്ഞിട്ട് എങ്ങനെ ആചാര്യത ആചാര്യനിൽ നിന്ന് ശാസ്ത്രത ശാസ്ത്രത്തിൽ നിന്നും രണ്ടും വേണം ആചാര്യനും വേണം ശാസ്ത്രവും വേണം ആചാര്യത ശാസ്ത്രതഷ്ട പരമാർത്ഥത്തിൽ രണ്ടു ഒന്ന് തന്നെ എന്നാലും രണ്ട് വഴി അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നു ആചാര്യത ശാസ്ത്രതഷ്ഠ ആചാര്യനിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ആചാര്യൻ തന്നെയാണ് ശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് ആചാര്യം പക്ഷേ എന്നാലും രണ്ട് ഭാവത്തിൽ അതിനെ സമീപിച്ച് സ്വീകരിച്ച് രണ്ടിൽ നിന്നും ഞാത്തുവായതിനെ അറിഞ്ഞിട്ട് മുറ്റിയതേ ജന്തു ഇതിന്റെ പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിട്ട് മുച്ചതേ ജന്തു ജന്തു മുക്തനായിത്തീരുന്നു അവിദ്യാദിഹൃദയഗ്രന്ഥിഭി എന്തിൽ നിന്നാണ് അവൻ മോചിക്കേണ്ടത് അവിദ്യാസ്മിത രാഗദ്വേഷാദി ഹൃദയഗ്രന്ഥികൾ ഗ്രന്ഥി ബന്ധനം കെട്ട് ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ ബന്ധനം വന്നിരിക്കുന്ന ആത്മാവിന് ബന്ധനം വരത്തില്ല അവർക്ക് നിത്യമുക്തവും പരമപവിത്രവും പരിശുദ്ധവുമാണ് അതിന് ബന്ധനം വരത്തില്ല പിന്നെ ബന്ധനം വരുന്ന ഇവിടെ ഹൃദയത്തിനാണ് അന്ധക്കരണത്തിനാണ് ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം അവിദ്യാദി ഹൃദയഗ്രന്ഥിഭി അതിൽ നിന്നെല്ലാം ആ ബന്ധനങ്ങളിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്നും മുച്ചതേ ഇപ്പോ ജീവനേവ ജീവിച്ചിരിക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കെ തന്നെ അങ്ങനെ മോചിക്കുന്നവന് ശരീര വന്നാലോ പതിദേവി ശരീരേ ഈ ശരീരം വീണുപോയാലും അമൃതത്വം ചകിച്ചതി അതാണ് അമൃതത്വം മോക്ഷത്വത്തെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള അവൻ സഅലിംഗ്യക്തത്തിനും അപ്പുറമുള്ള പൂർവ്വണ സംബന്ധം പരപുരുഷ എന്ന പൂർവ്വത്തിനോട് അന്വയിച്ചോളം ആ പരമപുരുഷന് സാക്ഷാത്കരിച്ച് ശോകത്തിൽ നിന്നും മോചനം നേടണം ഏഴാമത്തെ മന്ത്രം ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് മനസ്സ് സൂക്ഷ്മമാണെന്നർത്ഥം മനസ്സ് സത്വം ഉത്തമം മനസ്സിനും ഉത്തമമാണ് സത്വം സൂക്ഷ്മമാണ് अति महानात्मा सत्परी सूक्ष्म महानाण्यगर्भ महद अभियुक्त उत्तम हिण्यगर्भने उत्तम अंब्य सूक्ष्म ഇവിടെ സൂക്ഷ്മം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം ബുദ്ധി ഇതിന് ബുദ്ധി ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ യോഗ്യത അതിനാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് ദൃശ്യത അഗ്ലിയ ബുദ്ധിയ നേരത്തെ പോകുന്നു അഗ്രിയമായ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഇതിന് ഓരോന്നിനെയും ഓരോന്നിന്റെ സ്വരൂപത്തെയും ഗ്രഹിക്കുന്നതിന് ഉള്ള ബുദ്ധിക്ക് വരുന്ന അതിന്റെ താരതമ്യ അതിൽ വരുന്ന സൂക്ഷ്മത ആഗ്രഹ സാമർഥ്യം അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് സ്ഥൂലമായ ബുദ്ധി കൊണ്ട് ഒന്നിനെ ഗ്രഹിച്ചാൽ അതിനേക്കാൾ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അടുത്തതിനെ മനസ്സിലാക്കാം അതിന്റെ പൃഥക്ഭാവങ്ങൾ മനസ്സിലാക്കാം ആ ബുദ്ധിയിൽ വരുന്ന ആ ഏറ്റക്കുറച്ച് സൂക്ഷ്മത എന്ന് പറയുന്നതാണ് അങ്ങനെ ഇത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് സൂക്ഷ്മമായിരിക്കുന്നു അവ്യക്തത്വ പരപുരുഷ അവ്യക്തത്തെക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു പരമപുരുഷൻ അഗ്ലിയമായ ബുദ്ധി കൊണ്ട് സാക്ഷാത്കരിക്കുന്നു പറഞ്ഞാൽ പരമപുരുഷൻ അതെന്താണ് വ്യാപകനാണ് അലിംഗമാണ് അതിനെ അറിയാൻ ഉപകരണങ്ങളൊന്നുമില്ല അതാണ് അലിംഗൻ എന്ന് പറഞ്ഞത് റിയുന്നതിനുള്ള പ്രമാണങ്ങളില്ല അറിയുന്നതിനുള്ള കർണങ്ങളില്ല എം ഞാത്വ ഈ പരമപുരുഷനെത്വ സാക്ഷാത്കരിച്ചിട്ട് ജന്തു ജീവൻ മുച്ചതേ മോചിക്കുന്നു അതിന് ഭാഷകാരനർത്ഥം പറഞ്ഞത് ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ മുക്തനായിത്തീരുന്നു അമൃതത്വം ചതി അതിന് ഭാഷ്യകാരനർത്ഥം പറഞ്ഞത് ശരീരനാശത്തിന് ശേഷവും മുക്തനായി തന്നെ സ്ത്രീ ചെയ്യുന്നു പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല ജീവിച്ചിരിക്കുകയും മരണത്തിന് ശേഷവും മുക്ത മുക്തനായി തന്നെ ഇരിക്കുന്നു പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല ഇന്ദ്രിയേം മനോ മനസു സഹത്മാമോ വ്യാപകോ ലിംഗ് മുച്ചു അമൃത ം ഗതി സഹന സഹരിമസ്തൃമേന്ദ്ര ഓണമ ശ്രീ ശ്രീ ഓണമേ പൂശ്രി ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ഓം സൈദ് വെദേഷു